ം പ്രിയമുള്ളവരെ നമ്മൾ വെള്ളിയാഴ്ചകളിൽ കൂടുമ്പോൾ കഴിഞ്ഞ ദിവസം മുതലേ ഗോഡ്സ് വർക്ക് ഡൺ ഇൻ ഗോഡ്സ് വി ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെതായ വഴിയിൽ ചെയ്യുക എന്ന പുസ്തകം പഠിക്കാനായിട്ട് ആരംഭിച്ചല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് നോഹയുടെ കാലം പോലെ ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് നമ്മൾ നോഹയുടെ കാലം പോലെ ഒരു കാലം പറയുമ്പോൾ നമ്മൾ നോഹയുടെ കാലത്താണ് നമ്മൾ ശരിക്കും ജീവിച്ചിരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു ദൈവത്തെ അറിയുന്ന ആളുകളാണെങ്കിൽ ദൈവഹിതത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ നോഹയോടൊപ്പം നിൽക്കുകയും നോഹയുടെ കൂടെ പെട്ടകം പണിയാനായിട്ട് നോഹയെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു ഇന്ന് നോഹയുടെ കാലം പോലെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഒരു പെട്ടകം പണിയില്ല എന്നാൽ ഇന്ന് സഭയുടെ പണിയുണ്ട് സഭയെന്ന് പറയുന്നത് നോഹ പ്രളയത്തിലൂടെ ആ പെട്ടകത്തിൽ ക്ഷേമത്തോടെ സന്തോഷത്തോടെ അതിനെ അതിജീവിച്ച് കടന്നു പോകാൻ കഴിഞ്ഞത് പെട്ടകം ഉണ്ടായിരുന്നതാ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു സഭയുടെ സുരക്ഷിതത്വത്തിലാണ് ഇന്നത്തെ ഈ മഹാമാരിയുടെ കാലഘട്ടത്തെ ഒക്കെ നമുക്കും അതിജീവിക്കാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് നോഹയുടെ കാലത്ത് ജീവിച്ചിരുന്നപ്പോൾ പെട്ടകം പണിയാൻ നമ്മൾ സമയമെടുക്കുമായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സഭയുടെ ഒരു പണിയിലെ പങ്കാളികളാകുക എന്നുള്ളതാണ് എന്നാണ് നമ്മൾ പ്രാരംഭമായിട്ടാണ് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇന്നൊരു പുതിയ ഉടമ്പടി സഭയാണ് പണിയേണ്ടത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന മാതൃകകളല്ല നമ്മൾ എടുക്കേണ്ടത് പുതിയ നിയമത്തിൽ പുതിയ ഉടമ്പടിയിൽ കർത്താവായ യേശു ക്രിസ്തു ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തന്മാരും സഭ എങ്ങനെ പണിതോ ആ നിലയിലാണ് നമ്മളെ സഭയെ പണിയേണ്ടത് അതായത് പുതിയ ഉടമ്പടി സഭ പുതിയ ഉടമ്പടി സഭയുടെ പ്രമാണങ്ങൾ അനുസരിച്ചാണ് പണിയേണ്ടത് എന്നാൽ ഇന്നത്തെ കാലത്തോ ഇന്നത്തെ കാലത്ത് സഭകൾ നമ്മൾ ചുറ്റുപാടും പലതും കാണുമ്പോൾ അതൊക്കെ ഈ ലോകത്തിൻ്റെ ഇന്നത്തെ രീതികളനുസരിച്ചാണ് അതിനൊക്കെ പലരും കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു കമ്പനികളൊക്കെ അതിന് എക്സിക്യൂട്ടീവ്മാരെ നിയമിക്കുന്നത് സഭകളൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ നിയമിക്കുന്നു അവർക്ക് ശമ്പളം കൊടുക്കുന്നു ഈ പ്രവർത്തനത്തിലെ പണം ഒരു മുഖ്യഘടകമായിരിക്കുന്നു ഇതിനുള്ള പാസ്റ്റർമാർക്ക് സെമിനാരി പഠനം നിർബന്ധമായിരിക്കുന്നു മാനേജ്മെൻ്റ് തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് കമ്പനികൾ നടത്തുന്നത് പോലെയാണ് സഭകൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഇതൊക്കെ ആണ് നമ്മുടെ ചുറ്റുപാടും കാണുന്നത് പക്ഷെ അതിനെ നമ്മൾ ദൈവോചനത്തോട് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നാം നൂറ്റാണ്ടിലെ സഭകളിൽ അങ്ങനെ ആയിരുന്നില്ല കർത്താവ് പഠിപ്പിച്ചത് അങ്ങനെ ആയിരുന്നില്ല എന്ന് നമ്മൾ കണ്ടു നമ്മളിതെല്ലാം ഇങ്ങനെ പറയുമ്പോൾ പലപ്പോഴും ആളുകൾ പറയും നമ്മൾ മറ്റുള്ളവരെ വിധിക്കരുത് അവരവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ ഒരളവിലത് ശരിയാണെങ്കിൽ പോലും സഭകളുടെ തെറ്റായ പോക്കും ദൈവവചനത്തിൽ നിന്നുള്ള വ്യതിചലനവും ചൂണ്ടിക്കാണിക്കാൻ നമുക്കൊരു ബാധ്യതയുണ്ട് വിളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നും മൂന്നിൻ്റെ പതിനേഴും നമ്മൾ ചിന്തിച്ചു ആ ആ നിലയിലുള്ള വഴിവിട്ടുള്ള പോക്ക് അന്ന് കർത്താവ് യോഹനാനിലൂടെ എല്ലാവരെയും അറിയിച്ചു അല്ലാതെ രഹസ്യമായിട്ട് ആ സഭകളോട് മാത്രം പറയായിരുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് പ്രിയമുള്ളവരെ തെറ്റായ പ്രവണതകൾക്കെതിരെ നമ്മൾ അത് ദൈവോചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രവണതകൾ ശരിയല്ലെന്ന് ചൂണ്ടിക്കാണിക്കണം അങ്ങനെ ചൂണ്ടി കാണിപ്പാൻ ദൈവം നമ്മളോട് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ചിന്തിച്ചത് നമ്മൾ പറഞ്ഞു ഇന്ന് കർത്താവായി യേശു ക്രിസ്തു താൻ കടന്നു ശിഷ്യന്മാർക്ക് മഹാനിയോഗം എന്ന് പറയുന്നത് പോലെ എന്ന് നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ രണ്ട് കാര്യങ്ങളാണ് രണ്ട് ദൗത്യങ്ങളാണ് ഏൽപ്പിച്ചത് അത് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ വായിക്കുന്നത് ഭൂമിയിൽ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം അതാണ് മഹാനിയോഗത്തിൻ്റെ കർത്താവിൻ്റെ അന്ത്യകൽപ്പനയുടെ ഒരു ഭാഗം അത് ഇന്ന് തൊണ്ണൂറ്റൊൻപത് ശതമാനം സഭകളും ചെയ്യുന്നുണ്ട് എന്നാൽ അതിൻ്റെ രണ്ടാമതൊരു ഭാഗം മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം പതിനെട്ട് ഇരുപത് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു അവിടെ നമ്മൾ കാണുന്നത് നിങ്ങൾ ഭൂലോകമെങ്ങും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക എന്നല്ല മറിച്ച് നിങ്ങൾ സകല ജനതയെയും ശിഷ്യരാക്കിക്കൊള്ളുക ശിഷ്യത്വത്തിൻ്റെ ഒരു സന്ദേശം ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടമായിരിക്കുന്നത് ശിഷ്യത്വത്തിൻ്റെ ഒരു സന്ദേശമാണ് നമ്മളതുകൊണ്ട് പറഞ്ഞു ശിഷ്യത്വം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മളെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച ഒരു ഉപമ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ടല്ലോ ഒരാൾക്ക് നൂറാടുണ്ടായിരുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പ്രാരംഭവാക്യങ്ങൾ ഒരാൾക്ക് നൂറാടുണ്ടായിരുന്നു അതിൽ ഒന്നിനെ കാണാതെ പോയി കാണാതെ പോയപ്പോൾ തൊണ്ണൂറ്റി ഒമ്പതിനേ ആലയിൽ വിട്ടിട്ട് ഈ ഇടേനെന്ത് ചെയ്തു കാണാതെ പോയ ഒരു ആടിനെ കണ്ടെത്തും വരെ നോക്കി നടന്ന് അതിനെ കൂട്ടിക്കൊണ്ട് ആലയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു ഈ ആലയിലുള്ള ആടുകളോടൊപ്പം ഈ നഷ്ടപ്പെട്ടു പോയ ആടിനെക്കൂടെ കൊണ്ടുവരുന്നു ഇന്ന് ഈ വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തോട് ചേർന്ന് ഒരു കാര്യം കാണുന്നുണ്ട് അതായത് ഇന്ന് പലരും നഷ്ടപ്പെട്ടു പോയ ആടിനെ തിരികെ ആലയിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് മിക്ക സുവിശേഷകരും മിഷണറിമാരും വെളിയിൽ പോയി നഷ്ടമായിപ്പോയ ആത്മാക്കളോട് സുവിശേഷമൊക്കെ പറഞ്ഞു അവരെ ദൈവസഭയിലേക്ക് കൊണ്ടുവരുന്നു അത് നല്ലതാണ് തീർച്ചയായിട്ടും നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ കർത്താവിൻ്റെ മഹാനിയോഗത്തിലെ ഒരു ഊന്നൽ എങ്ങും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക അവരെ ദൈവസഭയിലേക്ക് കൊണ്ടുവരിക പക്ഷെ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അവിടെ നമ്മൾ കണ്ടോ ഈ കർത്താവ് പറഞ്ഞ ആ ഉപമയിലെ ആലയിലുള്ള തൊണ്ണൂറ്റൊൻപത് ആടുകളെക്കുറിച്ച് പറയുന്നത് അവരെ എന്തായിരുന്നു തൊണ്ണൂറ്റൊ അവർ ആ നിലയിലെ ആ ആടുകളൊന്നും അവരെ തമ്മിൽ ഒരു പ്രയാസങ്ങളില്ലാതെ അവരെ തമ്മിൽ വേറെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ദുർമോഹമോ പണസ്നേഹമോ കോപമോ അങ്ങനെയുള്ള ജടീകമായ ഒരു കാര്യങ്ങളും ഇല്ലാതെ മാനസാന്തരം ഒരളവിൽ ആവശ്യമില്ലാത്ത ആളുകളായിരുന്നു ഈ തൊണ്ണൂറ്റൊൻപത് ആളുകളും എന്നാണ് ആ ഉപമയിൽ നമ്മളെ കാണുന്നത് നമ്മളെ അവിടെ അതിൻ്റെ ഏഴാമത്തെ വാക്യം നോക്കുക അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാർ അപ്പം ഈ ആലയിൽ ഉണ്ടായിരുന്ന തൊണ്ണൂറ്റൊൻപത് ആടുകളും എന്തായിരുന്നു അവർക്ക് എല്ലാ കാര്യത്തിലും അവരനുദിച്ചവരായിരുന്നു പ്രത്യേകിച്ച് ഒരു കാര്യത്തെ ഒരു മാനസാന്തരം ആവശ്യമില്ലാത്തവരായിരുന്നു ദൈവീക കല്പനകൾ പ്രമാണിക്കുന്നവരായിരുന്നു അവർ തമ്മിൽ പണസ്നേഹമോ ലൈംഗിക ദുർമോഹമോ കോപമോ അന്യോന്യമുള്ള ഞാനോ നീയോ കേമനെന്നുള്ള മത്സരമോ ഒന്നുമില്ലാതെ ദൈവോചനപ്രകാരം ജീവിക്കുന്നവരായിരുന്നു അവരുടെ അടുത്തേക്ക് ആ സഭയിലേക്ക് നഷ്ടപ്പെട്ടു ആടിനെ കൊണ്ടുവന്നാൽ അത് നല്ലതാണ് തീർച്ചയായിട്ടും അത് നല്ലതാണ് അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ആടിനെ ആലയിലെത്തിക്കുന്നു അത് നല്ലതാണ് നല്ല ശ്രമമാണ് എന്നാൽ ഇന്ന് പലപ്പോഴും ആലയിലുള്ള ആടുകൾ മാനസാന്തരം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റി ഒൻപത് നീതിമാന്മാരായിരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അവര് പലപ്പോഴും മിക്ക ക്രിസ്ത്യാനികളുടെയും ആലകളിൽ നിറയെ ആളുകളുണ്ട് പക്ഷെ അവരൊക്കെ ജടീകമായ കാര്യങ്ങളാൽ തോൽപ്പിക്കപ്പെട്ടവരും അവർക്കാണ് അവര് അവർക്കാണ് സത്യത്തിലെ മാനസാന്തരം ആവശ്യമുള്ളത് എന്നുള്ള നിലയിലാണ് അങ്ങനെയുള്ള ഒരിടത്തേക്ക് യഥാർത്ഥത്തിലെ ഈ നഷ്ടമായ ആടിനെ കൊണ്ടുവന്നാൽ ആ ആടിന് എന്ത് പറ്റും ആടും ഈ ആലയിലുള്ള ആടുകളുടെ സ്വഭാവം കണ്ടിട്ട് അതും എന്തായി പോകും അതും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മത്സരത്തിലും വഴക്കിലുമൊക്കെ ആയി പോകും ഈ ആലയിലുള്ള ആടുകളുടെ രോഗം ഈ മരുഭൂമിയിൽ നിന്ന് കൊണ്ടുവന്ന ആടിനെയും ബാധിക്കും അതിൽ ഭേദം ഈ തൊണ്ണൂറ്റി ആടുകളുടെ അടുത്തേക്ക് ഇതിനെ കൊണ്ടുവരാതിരിക്കുന്നതായിരുന്നു നല്ലത് ഇങ്ങനെ നമ്മളാ കർത്താവ് പറഞ്ഞ ഉപമേ നമുക്ക് അങ്ങനെ പറയാമല്ലോ പ്രിയപ്പെട്ടവര് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും പാപികൾ രക്ഷിക്കപ്പെട്ട സഭയിലേക്ക് വരണം പക്ഷേ സഭ എന്തായിരിക്കണം സഭ ശിഷ്യത്വത്തിന് ഊന്നൽ കൊടുക്കുന്ന ഓ ദുർമോഹമോ പണസ്നേഹമോ കോപമോ മത്സരങ്ങളോ ഒന്നുമില്ലാതെ ശിഷ്യത്വത്തിൻ്റെ വഴിയിൽ പോകുന്ന ഐക്യതയോടെ സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു കൂട്ടമായിരിക്കണം അങ്ങനെ ഒരു കൂട്ടത്തിൻ്റെ അടുത്ത് ഈ നഷ്ടമായ ആടിനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചാൽ മാത്രമേ ആ ആട് സുരക്ഷിതമായിരിക്കേയുള്ളൂ ഈ കാര്യം ശിഷ്യത്വം എത്ര വലിയ കാര്യമാണ് സഭകള് ദൈവീകമായ പദ്ധതി അനുസരിച്ച് ഓ സ്നേഹത്തിലും ഐക്യതയിലും സൂക്ഷിക്കുന്നത് എത്ര വലിയൊരു കാര്യമാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു അതുകൊണ്ടാണ് നമ്മൾ സഭകളിൽ കൂടുതൽ ഊന്നൽ നൽകുന്നത് സഭകൾ ശിഷ്യത്വത്തിൻ്റെ വഴിയിൽ പണിയപ്പെടുന്നതും ഐക്യതയും സ്നേഹവും സഭയിലുള്ളവർ തമ്മിലുള്ള തമ്മിലുള്ള ദൈവം നിലയിൽ മുന്നോട്ട് പോകുന്നതിന് ഊന്നൽ കൊടുത്തും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവം നിലയിലുള്ള ഒരു ചെറിയ കൂട്ടമായിട്ട് ശിഷ്യത്വത്തിൻ്റെ വഴിയിൽ പോകുന്ന ഒരു ചെറിയ കൂട്ടമായിട്ട് നമ്മളായിരുന്നാൽ നമ്മുടെ അടുത്തേക്ക് ഓ മാനസാന്തരപ്പെട്ട ഒരു പാപി വന്നാൽ ആ അവൻ സുരക്ഷിതനായിരിക്കും അങ്ങനെ ഒരു സഭ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു സഭ ആ സഭ പണിയാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എല്ലാ വിശ്വാസികളെയും ആ ബോധ്യത്തോടെയാണ് ദൈവം ഇന്നൊരു സഭയുടെ പണിക്കായിട്ട് ആഹ്വാനം ചെയ്യുന്നത് പ്രിയുള്ളവരെ ഇന്ന സഭകള് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മൾ പണിയണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് ദൈവം ആഗ്രഹിക്കുന്ന ശിഷ്യത്വത്തിൻ്റെ വഴിയിൽ പോകുന്ന ഐക്യതയുള്ള സ്നേഹമുള്ള ഒരു ചെറിയ കൂട്ടമായിട്ട് നമ്മളെ ഈ മരുഭൂമിയിൽ ഒരു മരിപ്പച്ച പോലെ ഓരോ സഭയുമായിരിക്കണം അങ്ങനെയുണ്ടെങ്കിൽ ദൈവത്തിന് ആ നഷ്ടപ്പെട്ടു പോയ ആടുകളെ അവിടേക്ക് സുരക്ഷിതമായിട്ട് എത്തിക്കാനും അവിടെ അവരെ സുരക്ഷിതത്വത്തിൽ സൂക്ഷിപ്പാനും കഴിയും എന്നാൽ ഇന്ന് പലപ്പോഴും പല സഭകളും രണ്ട് അപകടങ്ങളാണ് അവരെ ബാധിച്ചിരിക്കുന്നത് ഒന്ന് പണം പണത്തിന്റെ ആ നിലയിലുള്ള പണത്തിൻ്റെതായ ഒരു അപകടം സഭകളെ വഴിതെറ്റിക്കുന്നു രണ്ടാമത്തേത് മാനുഷികമായ ഒരു മേൽക്കൈ ഈ രണ്ട് അപകടങ്ങളാണ് ഇന്ന് സഭകളിലെ നമ്മൾ ശ്രദ്ധിച്ചാലേ കാണാൻ കഴിയുന്നത് ഈ രണ്ട് അപകടങ്ങളും ഒഴിവാക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു ചെറിയ കൂട്ടമായിട്ട് എങ്ങനെ സഭയെ പണിയുമെന്നുള്ളതിൻ്റെ മാതൃകയൊക്കെ നമ്മൾ അപ്പോസ്തല പ്രവർത്തിയിൽ കാണുന്നുണ്ട് ഒന്നാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ എങ്ങനെയാണ് പണത്തിനെ പണത്തിൻ്റെ അപകടത്തെ അതിജീവിച്ചത് അല്ലെങ്കിൽ അവരെ മാനുഷികമായ മേൽക്കൈ എന്ന അപകടത്തെ എങ്ങനെയാണ് അതിജീവിച്ചത് പൗലോസുമൊക്കെ പണത്തെക്കുറിച്ചും അല്ലെങ്കിൽ മാനുഷികമായ വലിയൊരു അധികാരം സഭയിൽ വരുന്നതിനെതിരെയും ഒക്കെ നിന്നത് പ്രവൃത്തിയിലും അതുപോലെ തന്നെ ലേഖനങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മളും എന്ത് വേണം ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു സഭ പണിയുന്നെങ്കിൽ ഈ ഒന്നാം നൂറ്റാണ്ടിലെ മാതൃക സ്വീകരിക്കണം പണത്തിന്റെ അപകടത്തെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്ന വളരെ വേഗത്തിൽ നമുക്ക് നോക്കാം പൗലോസ് സാമ്പത്തികമായിട്ട് സ്വയം പിന്തുണയ്ക്കുന്ന ഒരാളായിരുന്നു താന് അല്ലാതെ സഭയിൽ നിന്ന് പണം എടുത്ത് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നില്ല അപ്പോസില പ്രവൃത്തി ഇരുപതാം അധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങൾ നോക്കുക താന് തന്നെ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്ന ഒരാളായിരുന്നു അല്ലാതെ സഭയുടെ മേൽനോട്ടം നടത്തുന്ന നിലയിൽ സഭയിൽ നിന്ന് ആ പണം താൻ ഉപയോഗിക്കുന്ന ഒരു രീതി തനിക്കുണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും വേണമെങ്കില് കർത്താവിന്റെ ദാസനെ താൻ ശുശ്രൂഷിക്കുന്ന ആളുകളാൽ സാമ്പത്തികമായി പിന്തുണയ്ക്കപ്പെടാൻ കഴിയും ഒന്ന് കോരിന്തിർ ഒൻപതിൻ്റെ ആറ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ അങ്ങനെ ഒരു കാര്യം നമ്മളെ കാണുന്നുണ്ട് എന്നാൽ ദുരാഗ്രഹികളും പണസ്നേഹികളുമായ തൻ്റെ കാലഘട്ടത്തിലെ മറ്റു പ്രസംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കാൻ പൗലോസ് എന്ത് തീരുമാനിച്ചു താൻ സാമ്പത്തികമായി തന്നെ തന്നെ പിന്തുണയ്ക്കാനായിട്ട് തീരുമാനിച്ചു ഒന്ന് കോരിന്തിർ ഒൻപതിൻ്റെ പതിനഞ്ച് പത്തൊൻപത് വാക്യങ്ങൾ രണ്ട് കോരിന്റിയർ പതിനൊന്നിന്റെ പന്ത്രണ്ട് പതിമൂന്നോ വാക്യങ്ങളൊക്കെ നോക്കിയാൽ പൗലോസിന്റെ ഈ തീരുമാനം നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് നോക്കുമ്പോ ഇന്ന് മറ്റ് പ്രസംഗകര് സഭയെ കവർന്നെടുത്തു എന്ന് പറയുന്നത് പോലെ ഓ സഭയുടെ മേൽനോട്ടത്തിലുള്ള ആളുകൾ അവരെ സഭയിൽ നിന്ന് പണം പറ്റുന്ന ഒരു രീതിയാണ് ഇന്ന് പരക്കെ സഭകളിൽ കാണുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സി എഫ് സി ആ ഒരു മാതൃക പിന്തുടർന്ന് സാമ്പത്തികമായിട്ട് സ്വയം പിന്തുണയ്ക്കുന്ന നേതൃത്വമാണ് നമുക്കുള്ളത് നമ്മുടെ എല്ലാ സഭകളിലെയും ഊപ്പന്മാർ സാമ്പത്തികമായിട്ട് തങ്ങളെ തന്നെ പിന്തുണയ്ക്കുന്നവരാണ് ജീവസന്ധാരണത്തിനായിട്ട് മറ്റാളുകളെ ആശ്രയിക്കാതിരിക്കുന്നു ഇതൊക്കെയും ദൈവവചനത്തിൽ കാണുന്ന ഒരു മാതൃകയനുസരിച്ച് സഭ കൊണ്ടുപോവാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണ് അപ്പോൾ പണത്തിൻ്റെ അപകടത്തെ അതിജീവിക്കാൻ ഒരു കാര്യം സാമ്പത്തികമായി സ്വയം പിന്തുണയ്ക്കുക അതുപോലെ യേശുവിനെ പോലെ പൗലോസും തൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ ദൈവത്തോടല്ലാതെ ആരോടും ഒരിക്കലും പറഞ്ഞിട്ടില്ല ദൈവത്തോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മറ്റാരോടും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നമ്മളും എന്തു പണപരമായ ആവശ്യങ്ങൾ മറ്റൊരിടത്ത് പറയുകയോ അങ്ങനെ അവിടെ നിന്ന് പണം ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യുന്ന ഒരു രീതിയില്ല ഇതും ഒന്നാം നൂറ്റാണ്ടിലെ അപ്പോസന്മാരുടെ മാതൃകയനുസരിച്ചാണ് മൂന്നാമത് സുവിശേഷ പ്രചാരണത്തിന് വേണ്ടി പോലും പൗലോസ് ഒരിക്കലും ആരോടും പണം ചോദിച്ചിട്ടില്ല നമ്മളും ആ മാതൃക പിന്തുടർന്ന് കഴിഞ്ഞ നാൽപ്പത്തി വർഷമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഒരു റിപ്പോർട്ട് പോലും ആർക്കും അയച്ചു കൊടുക്കുകയോ അങ്ങനെ ആത്മീയകാര്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും സുവിശേഷ പ്രചാരണത്തിന് വേണ്ടിയാണെങ്കിൽ പോലും പണം സ്വീകരിക്കുന്ന ഒരു രീതി നമുക്കില്ല ഇതൊക്കെ പണത്തിൻ്റെ അപകടത്തെ നിന്ന് രക്ഷപെടാനായിട്ട് ഒന്നാം നൂറ്റാണ്ടിലെ അപ്പോസന്മാര് ചെയ്തതിൽ നിന്ന് മാതൃക എടുത്താണ് നമ്മളും ഇങ്ങനെ ചെയ്യുന്നത് നാലാമത് നമ്മൾ നോക്കുമ്പോ തൻ്റെ ശുശ്രൂഷകൾക്കായി പൗലോസ് ചിലരിൽ നിന്നൊക്കെ എന്ന ചില സംഭാവനകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരിൽ നിന്നും താൻ സമ്മാനങ്ങളെ സ്വീകരിച്ചിട്ടില്ല ഫിലിപ്പർക്ക് എഴുതിയങ്ങനെ നാലാമധ്യായം പതിനഞ്ച് പത്തൊൻപത് വാക്യങ്ങൾ നോക്കുക നമ്മൾ അതുകൊണ്ട് എല്ലാവരും ആരൊക്കെ പണം തന്നാലും അതെല്ലാം ഒരു രീതി നമുക്കില്ല അഞ്ചാമതായിട്ട് ഒരിക്കലും കടത്തിലാകരുതെന്ന് പൗലോസവിശ്വാസികളെ ഉത്ബോധിപ്പിച്ചു പണം എന്ന് പറയുന്നത് ഒന്നുകിലും നമ്മൾ ദൈവത്തെ സേവിക്കും അല്ലെങ്കിൽ മാമോനെ പണത്തെ സ്നേഹിക്കും എന്നാണല്ലോ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറിൻ്റെ പതിമൂന്നിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞത് അപ്പം ദൈവത്തിനെതിരെ നിൽക്കുന്ന ഒരു ശക്തിയാണ് മാമോൻ പണം അപ്പൊ ഈ പണത്തെക്കുറിച്ച് നമ്മൾ വളരെ ജാഗ്രത പുലർത്തണം അതിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും കടത്തിലാകരുതെന്ന് പൗലോസ് വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചു നമ്മളും ഈ കാര്യത്തിന് ഊന്നല കൊടുക്കാറുണ്ട് പൗലോസ് ആറാമതായിട്ട പൗലോസ് താൻ എഴുതിയ കത്തുകൾക്കൊന്നും അല്ലെങ്കിൽ പുസ്തകങ്ങൾക്കോ ഒന്നും ഒരു റോയൽറ്റി സ്വീകരിച്ച് അതിനെന്തെങ്കിലും ഒരു വരുമാനം സ്വീകരിക്കുന്നതായിട്ട് കാണുന്നില്ല നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മുടെ സഭ ഏകദേശം പത്തു ലക്ഷം പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടോ പല ഭാഷകളിൽ പക്ഷേ ഇവയ്ക്കൊന്നും റോയൽറ്റി അനുസരിച്ച് ഇനത്തിൽ ഒരു പൈസ പോലും നമ്മളെ വാങ്ങിയിട്ടില്ല ഇതും ഒന്നാം നൂറ്റാണ്ടിലെ ഒരു മാതൃക അനുസരിച്ചാണ് പണസ്നേഹം പലപ്പോഴും വരുന്ന ഒരു രംഗമെന്ന് പറയുന്നത് ഈ വിവാഹങ്ങളുടെ രംഗങ്ങളാണ് അവിടെയൊക്കെ ഈ സ്ത്രീധന സമ്പ്രദായവും ഒക്കെ വരുന്നു കർത്താവായ യേശുക്രിസ്തു പൗലോസും ഇന്ന ജീവിച്ചിരുന്നെങ്കിൽ അവരെ ഈ സ്ത്രീധന സമ്പ്രദായത്തെ എതിർക്കുമായിരുന്നു ആ ഈ ഒരു ബോധ്യത്തിൽ നമ്മളും ഈ കാര്യത്തിനെതിരെ നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ വേഗത്തിൽ പറഞ്ഞത് ഏഴ് കാര്യങ്ങളിൽ നമ്മൾ പണത്തിൻ്റെ ആ ഒരു സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഏഴ് കാര്യങ്ങളിൽ നമ്മൾ ചില നിലപാടെടുത്തിട്ടുണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മൾ നേതൃത്വത്തിലുള്ളവർ തങ്ങളെ തന്നെ പിന്തുണയ്ക്കുന്നു പൗലോസിനെ പോലെ സാം രണ്ട് സാമ്പത്തികമായ ആവശ്യങ്ങൾ മറ്റാളുകളോട് പറയാതിരിക്കുന്നു മൂന്ന് സുവിശേഷ പ്രചാരണത്തിന് വേണ്ടി പോലും മറ്റാളുകളിൽ നിന്ന് പണം ചോദിക്കുന്നില്ല നാലാമതായിട്ട് നമ്മൾ പറഞ്ഞത് തൻ്റെ ശുശ്രൂഷകൾക്കായിട്ട് എല്ലാവരിൽ നിന്നും ഒന്നും സംഭാവനകൾ പോലും സ്വീകരിക്കുന്നില്ല ആ നിലയില് സംഭാവന കൊടുക്കാൻ ആ നിലയിൽ അർഹരായിട്ടുള്ളവരിൽ നിന്നു മാത്രമേ അത് വാങ്ങുന്നുള്ളു അഞ്ചാമതായിട്ട് കടത്തിലാകരുത് എന്ന് പറഞ്ഞു ആ കാര്യം നമ്മളും പറയുന്നു തൻ്റെ പുസ്തകങ്ങൾക്ക് റോയൽറ്റി സ്വീകരിക്കുന്നില്ല സ്ത്രീധന സമ്പ്രദായത്തെ എതിർക്കുന്നു ഇങ്ങനെ ഏഴ് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെല്ലാവരിൽ നിന്നും പണം സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു നമ്മുടെ സഭകളിൽ നമ്മൾ കാണിക്കായിട്ട് രണ്ട് പെട്ടികളാണ് വെക്കുന്നത് ആ പെട്ടികളിൽ പണമിടേണ്ടവർ അഞ്ച് ചോദ്യങ്ങൾക്ക് മറുപടി പറയണം എന്ന് നമ്മൾ ആ നിലയിൽ വിശദമാക്കാറുണ്ട് ഒന്ന് വീണ്ടും ജനിച്ച ഒരു ദൈവവൈദ്യല് മാത്രമേ ഇതിൽ പണം നിക്ഷേപിക്കാവൂ രണ്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അത്യാവശ്യത്തിന് മതിയായ പണം നിങ്ങൾക്കുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു സമ്മർദ്ദത്തിൽ ഇതിൽ കൊണ്ടുവന്ന പണം ഇടരുത് മൂന്നാമത് വലിയ കടങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് വീട്ടാനുണ്ടോ ആദ്യം ആ കടങ്ങൾ വീട്ടുക എന്നിട്ട് മതി ഈ കാണിക്കവഞ്ചിയിൽ പെട്ടിയില് പണമിടേണ്ടത് അതുപോലെ തന്നെ നമ്മൾ പറയുന്നു നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിർമ്മലമായ ഒരു മനസാക്ഷി ഉണ്ടോ നിങ്ങൾക്ക് ആരോടെങ്കിലും നിരപ്പ് പ്രാപിക്കേണ്ടതുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനം കൊടുക്കുക അല്ലാതെ പണമിടുന്നതല്ല പ്രധാനം അഞ്ച് അടുത്തതായിട്ട് നിങ്ങൾ സന്തോഷത്തോടെയാണോ കൊടുക്കുന്നത് സന്തോഷത്തോടെ കൊടുക്കുന്നവരെ ദൈവം എന്ന നമ്മൾ കാണുന്നു ഇങ്ങനെ അഞ്ചു കൂട്ടം കാര്യങ്ങളാണ് ഒരാള് നമ്മുടെ ഒരു സഭയില് പണം തരാൻ തീരുമാനിച്ചാൽ പോലും ഈ അഞ്ച് കാര്യങ്ങൾക്ക് മറുപടി ദൈവസന്നിധിയിൽ പറഞ്ഞതിന് ആ പണം ഇടാവൂ അല്ലാതെ നമ്മൾ കാണുന്ന എല്ലാവരിൽ നിന്നും പണം സ്വീകരിക്കുന്നില്ല ഇതിന് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഈ അഞ്ചു ചോദ്യങ്ങളുടെയും പട്ടിക കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ദൈവ മാത്രമേ അവൻ മാത്രമേ ഈ നിലയിൽ ദൈവസഭയിൽ ആ സ്ത്രോത്രാഴ്ച പാ പെട്ടിയില് പണമിടാവൂ അതുപോലെ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് മതിയായ പണം ഇല്ലെങ്കിൽ ഒരു സമ്മർദ്ദത്തിൽ ഇതിൻ്റെ അകത്ത് പണം ഇടരുത് വലിയ കടങ്ങൾ എന്തെങ്കിലും വീട്ടാനുണ്ടെങ്കിൽ അതിന് ഒന്നാം സ്ഥാനം കൊടുക്കുക അല്ലാതെ കാണിക്കപ്പെട്ടിയിൽ പണമിടുന്നതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് കടങ്ങൾ വീട്ടാനായിട്ട് ശ്രമിക്കുക അടുത്തത് പറഞ്ഞത് നിർമ്മലമായ ഒരു മനസാക്ഷി എല്ലാവരോടും ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരോട് ക്ഷമാപണം നടത്താത്തതോ മറ്റുള്ളവർക്ക് കൊടുത്തു തീർക്കാത്തതോ എന്തെങ്കിലും മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആദ്യം ക്രമീകരിക്കുക എന്നിട്ട് മതി പണമിടുന്നത് അതുപോലെ പണമിടുന്നത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു നിങ്ങളൊരു സമ്മർദ്ദമില്ലാതെ സന്തോഷത്തോടെയാണോ കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ മതി ഇത് ചെയ്യുന്നത് ഇങ്ങനെ അഞ്ചു ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞതിന് ശേഷം മാത്രമേ പണമിടാവൂ എന്നാണ് നമ്മൾ നിലപാടെടുത്തിട്ടുള്ളത് പ്രിയപ്പെട്ടവർ ഇതൊക്കെ എന്തിനു പണം എന്ന് പറയുന്നത് ഒരു അപകടമാണ് ആ അപകടത്തെ അതിജീവിക്കുന്നതായിരിക്കണം സഭ എന്നുള്ള ഒന്നാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ എഴുത്തുകളിൽ നിന്ന് കിട്ടിയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇത്രയും കർശനമായ ചില നിലപാടുകൾ എടുത്തിട്ടുള്ളത് എന്ന കാര്യം നമുക്കെങ്കിലും ഒരു വ്യക്തത ഉണ്ടാകാൻ വേണ്ടിയാണ് ഇവിടെ പറഞ്ഞത് പുതിയ ഉടമ്പടി സഭ പുതിയ ഉടമ്പടി സഭയുടെ ആ നിലയിലുള്ള പ്രമാണങ്ങൾ അനുസരിച്ചാണ് പണിയേണ്ടത് എന്ന് നമ്മള ചിന്തിക്കുകയായിരുന്നല്ലോ പ്രിയപ്പെട്ടവരെ അതിന് വിഘാതമായിട്ട് ഇന്ന് പലപ്പോഴും സഭകളിൽ രണ്ട് അപകടങ്ങളാണ് വരുന്നത് ഒന്ന് പണം എന്ന അപകടം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു രണ്ടാമത്തേത് മാനുഷികമായ ഒരു മേൽക്കൈ മാനുഷികമായ ഒരു വലിയ അധികാരം അതും സഭകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സംഭവിക്കുന്ന ഒരു അപകടമാണ് പ്രിയപ്പെട്ടവർ ഇതിനെതിരെയും ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസന്മാരെ കർശനമായ ദൈവവചനത്തിലും ഈ നിലയിലുള്ള ഏതെങ്കിലും ഒരൊറ്റ വ്യക്തിയുടെ മേൽക്കൈ ഓരോ സഭയുടെ മേലും അതിനെ ഭരിച്ച് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന അങ്ങനെ ഒരു കാര്യം സംഭവിക്കാതിരിക്കാൻ ദൈവവചനത്തിലും എൻ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊക്കെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വചനങ്ങളെടുത്താണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചില ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് പൗലോസിൻ്റെ കാര്യം നോക്കുക പൗലോസ് താൻ സ്ഥാപിച്ച എല്ലാ സഭകളിലും മൂപ്പന്മാരെ മൂപ്പന്മാരെന്ന് പറയുന്നത് പ്ലൂറലിലാണ് ബഹുവചനത്തിലാണ് ഒന്നിലേറെ പേരെ നിയമിച്ചു അല്ലാതെ ഒരു ഒരു ഒറ്റ പാസ്റ്ററെ അല്ല നിയമിച്ചത് അപ്പോസിലെ പുറത്ത് പതിനാലിന്റെ ഇരുപത്തിമൂന്ന് നോക്കുക മൂപ്പന്മാരെ നിയമിച്ചു തീത്തോസ് ഒന്നിന്റെ അഞ്ച് നോക്കുക അവിടെയും മൂപ്പന്മാർ സഭയുടെ മേൽ ഒരു വ്യക്തി ആധിപത്യം സ്ഥാപിക്കുന്നതിന് ഏ ഈ മൂപ്പന്മാരെ പലരുണ്ടെങ്കിൽ ഒരൊറ്റ പാസ്റ്റർ ഒരു സഭയെ നയിച്ചു കൊണ്ടുപോകുന്ന അപകടം അത് ദൈവവചനത്തിൽ കാണുന്ന മാതൃക ഇതാണ് എന്നാൽ പിന്നീട് ചുറ്റുപാടും കാണുന്ന എപ്പിസ്കോപ്പൽ സഭകളുടെ ഒക്കെ പാരമ്പര്യങ്ങളൊക്കെ സ്വീകരിച്ച് സുവിശേഷ വിഹിത സഭകളും എന്തു ചെയ്യാൻ തുടങ്ങി ഈ മാനുഷികമായ ഒരു അധികാര കേന്ദ്രത്തെ ഓരോ സഭയിലും ആക്കി വയ്ക്കാനായിട്ട് തുടങ്ങി എന്നാൽ ദൈവോചനത്തിൽ അങ്ങനെ കാണുന്നില്ല പ്രവൃത്തി പതിനാലിൻ്റെ ഇരുപത്തി മൂന്ന് തീത്തോസ് ഒന്നിൻ്റെ അഞ്ച് എന്നിവിടങ്ങളിലൊക്കെ ഓരോ പ്രാദേശിക സഭയ്ക്കും ആ സഭകളിൽ നിന്ന് തന്നെയുള്ള മൂപ്പന്മാരെയാണ് അതിൻ്റെ നേതൃത്വത്തിലെ കൊണ്ടുവരുന്നത് അതാണ് ചെയ്യേണ്ടത് എന്ന് നമ്മളെ വായിക്കുന്നു ഈ ഒരേ സഭയിൽ നിന്ന് തന്നെ ഉള്ള മൂപ്പന്മാരാകുമ്പം അവർക്ക് തങ്ങളുടെ ആടുകളെ നന്നായിട്ട് അറിയാം അവരുടെ ആത്മീയ പിതാക്കന്മാരായിരിക്കാൻ അവർക്ക് വേഗത്തിൽ കഴിയുന്നു നമ്മുടെ സി എഫ് എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മുടെ ഒരു സഭയിലും ഒരു പാസ്റ്റർ ഇല്ല ഒന്നിലേറെ മൂപ്പന്മാരുണ്ട് അവരെല്ലാം അതത് സഭകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരുമാണ് ഏതെങ്കിലും ഒരു സഭയ്ക്ക് നേതൃത്വം നൽകാൻ മറ്റൊരു സഭയിൽ നിന്ന് ഒരാളിനെ അവിടേക്ക് കൊണ്ടുവന്ന് ആ ആളിനെ നേതൃത്വത്തിൽ പ്രതിഷ്ഠിക്കുന്നില്ല ഇതൊക്കെയും മാനുഷിക മേൽക്കൈ എന്ന അപകടം ഒഴിവാക്കാൻ വേണ്ടി ദൈവവചനപ്രകാരം നമ്മൾ എടുത്തിട്ടുള്ള ക്രമീകരണങ്ങളാണ് രണ്ടാമത് പൗലോസ് ഈ മാനുഷികമായ ഒരു അധികാരം സഭകളുടെ മേലില്ലാതിരിക്കാൻ താൻ സ്ഥാപിച്ച സഭകൾക്കെല്ലാം കൂടെ ഒരു കേന്ദ്ര ആസ്ഥാനം പൗലോസ സ്ഥാപിച്ചിട്ടില്ല മനസ്സിലായോ എവിടെയെങ്കിലും ഒരു കേന്ദ്രം ഇരുന്ന് ഒരു ആ ഒരു കേന്ദ്ര ആസ്ഥാനം ഉണ്ടാക്കി അവിടെ ഇരുന്നു എല്ലാ പ്രാദേശിക സഭകളെയും ഭരിക്കുന്ന ഒരു രീതിയല്ല ഒന്നാം നമ്മൾ കാണുന്നത് സഭയെന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമല്ല ഒരു പ്രസ്ഥാനമാണെങ്കിൽ അതിൻ്റെ ഹെഡ്ക്വാർട്ടറിൽ ഇരുന്ന് അതിൻ്റെ ബ്രാഞ്ച് കമ്പനികളെയൊക്കെ അവർക്ക് ഭരിക്കാനായിട്ട് കഴിയും എന്നാൽ സഭയെന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമല്ല ഓരോ പ്രാദേശിക സഭയും സ്വതന്ത്രമാണ് ക്രിസ്തു എന്ന തലയോട് മാത്രം ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള മൂപ്പന്മാർ ഓരോ പ്രാദേശിക സഭയെയും നയിക്കുന്നു ഈ രീതിയാണ് നമ്മളും നാളുകളായിട്ട് പിന്തുടരുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് നമ്മൾ ഇന്ന് കടന്നു കാലഘട്ടത്തോട് ചേർത്ത് നമ്മൾ കണ്ടത് രണ്ടപകടങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സഭകൾക്കുണ്ട് ഒന്ന് പണത്തിൻ്റേതായ ഒരു തെറ്റായ സ്വാധീനം അത് അതിനെതിരെ നമ്മൾ എടുത്ത നിലപാടുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ മാനുഷികമായ അധികാരം ഒരു നിയന്ത്രണം തെറ്റായ നിലയിൽ ഉണ്ടാകാതിരിക്കാൻ രണ്ട് കാര്യങ്ങൾ ചെയ്തു ഒന്ന് ഓരോ പാസ്റ്ററെ ഓരോ സഭയിലെ നിയമിക്കുകയല്ല അതത് സഭകളിൽ നിന്നുള്ള മൂപ്പന്മാരാണ് അതത് സഭകളുടെ കാര്യങ്ങൾ നോക്കുന്നത് രണ്ട് ഈ സഭകൾക്കെല്ലാം കൂടെ ഒരു കേന്ദ്ര ആസ്ഥാനം ഒരു ഹെഡ്ക്വാർട്ടർ ഒരിടത്ത് സ്ഥാപിച്ച് അവിടെ നിന്ന് കാര്യങ്ങൾ ഭരിക്കുന്ന ഒരു രീതിയല്ല നമ്മൾ കാണുന്നത് അതും ദയോജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെയും ചെയ്യാനായിട്ട് ഉത്സാഹിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവർ നമ്മളിതൊക്കെ പറയുമ്പോൾ പലപ്പോഴും ചിലപ്പം ആളുകളെ വിചാരിക്കും നമ്മളിതൊക്കെ ഒരു പ്രശംസ പറയുകയാണ് ഈ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ ഒരു പരീശൻ വന്നിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുമ്പോൾ അവൻ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ മറ്റുള്ളവരെ പോലൊന്നുമല്ല ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ് ഞങ്ങളാഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു നേടുന്നതിനൊക്കെയും പതാരം കൊടുക്കുന്നു എന്നൊക്കെ സ്വയം അഭിനന്ദിച്ചു പറഞ്ഞ ആ പരീക്ഷൻ്റെ കഥ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ആ പരീശൻ എന്ത് കിട്ടിയില്ല ദൈവമും പാകെ കിട്ടിയില്ല നമ്മൾ ഇന്ന് ഈ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ചിലർ വിചാരിക്കും നമ്മൾ ഈ പരീക്ഷൻ പറഞ്ഞതുപോലാണോ പറയുന്നത് ഞങ്ങൾക്ക് എന്തില്ല ഞങ്ങൾക്ക് ഹെഡ് ഇല്ല ഞങ്ങൾ പണത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ വളരെ ശ്രദ്ധയുള്ളവരാണ് ദൈവോജന ഞങ്ങൾ പോകുന്നത് എന്നൊക്കെ പറയുന്ന ഈ ഒരു കാര്യം ഈ പരീക്ഷൻ നടത്തിയ ജടീകമായ ഒരു പ്രശംസ പോലെയല്ല നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് നേരത്തെയും നമ്മൾ പറഞ്ഞല്ലോ ഈ കാര്യങ്ങളൊക്കെ ദൈവവചനത്തിൽ ഇങ്ങനെയാണ് അങ്ങനെ പോകാനായിട്ട് ഈ കാലഘട്ടത്തിലും കഴിയും എന്നുള്ളത് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ പുസ്തകത്തിലൊക്കെ പരസ്യമായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് നമ്മൾ രണ്ട് കോരിന്തേർ പതിനൊന്നിൻ്റെ പത്ത് പതിമൂന്ന് വാക്യങ്ങളിൽ പൗലോസ് തൻ്റെ ചില കാര്യങ്ങൾ താൻ ചില നടപടികളെ കുറിച്ച് നോക്കുക പൗലോസ് പറയുന്നു രണ്ട് കോരിന്തേർ പതിനൊന്നിൻ്റെ പത്ത് പതിമൂന്ന് വാക്യങ്ങളിൽ ലിവിങ് ബൈബിളിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പൗലോസ് പറയുന്നു എൻ്റെ ഈ പ്രശംസ അതായത് താൻ പണത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു കേന്ദ്രത്തിൻ്റെ മാനുഷികമായ മേൽക്കയിൽ നിന്നും ഒക്കെ സ്വതന്ത്രമാക്കി കൊണ്ടുവരുന്ന ആ കാര്യത്തിലുള്ള എൻ്റെ ഈ പ്രശംസയെ നിങ്ങളിൽ ആർക്കും നിശബ്ദമാക്കാൻ കഴിയില്ല ഞാൻ ഇപ്പം ചെയ്യുന്നത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ അത് ചെയ്യുന്നത് ഞങ്ങളെപ്പോലെ തന്നെ ദൈവവേല ചെയ്യുന്നു എന്ന് സ്വയം പ്രശംസിക്കുന്നവരുടെ കാൽ നിന്ന് അവരുടെ നിലപാട് ശരിയല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അവരെയൊന്നും ദൈവം അയച്ചിട്ടില്ല തങ്ങൾ ക്രിസ്തുവിൻ്റെ അപ്പോസ്തന്മാരാണെന്ന് ചിന്തിച്ച് നിങ്ങളെ കബളിപ്പിക്കുന്ന വ്യാജന്മാരാണവർ കണ്ടോ ഇത്ര വലിയ കർശനമായ വാക്കുകളാണ് പൗലോസ് പറയുന്നത് പൗലോസ് പറയുന്നു ഞങ്ങൾ ഈ കാണിച്ചു തന്ന മാതൃകയിൽ നിന്ന് വ്യത്യാസമായിട്ട് പറയുന്നവരൊക്കെ ദൈവവചനത്തിൻ്റെ മാതൃകയിൽ നിന്ന് സഭയെ കൊണ്ടുപോകുന്ന കാര്യത്തിലാണെങ്കിലും സഭയെ നയിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ദൈവവചനം വെച്ചിട്ടുള്ള ആ മാതൃകയിൽ നിന്ന് വ്യത്യാസമായിട്ട് ചെയ്യുന്നവരൊക്കെ വ്യാജന്മാരാണ് എന്നാൽ ഞങ്ങൾ എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നു ഇത് ഞങ്ങളുടെ പ്രശംസയാണ് ഇത് ആ ലൂക്കോസ് പതിനെട്ടിലെ പരീശൻ സ്വയം പ്രശംസിച്ചതുപോലെയല്ല ഒരു ജഡീകമായ പ്രശംസയല്ല മറിച്ച് ദൈവവചനത്തിന്റെ പ്രമാണമനുസരിച്ച് ഇന്നും ഈ കാലഘട്ടത്തിലും നിൽക്കാൻ കഴിയും എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത് എന്ന് പൗലോസ് പറയുന്നു ആ പൗലോസിന്റെ വാക്കുകളെ പിന്തുടർന്നാണ് നമ്മളും ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നത് അല്ലാതെ നമുക്ക് ജഡീകമായ ഒരു പ്രശംസയില്ല പ്രിയപ്പെട്ടവര് നമ്മളെ തുടക്കത്തിൽ വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ് ആ ഉവമയിലെ ആ മരുഭൂമിയിലേക്ക് പോയ ആടിനെ കൊണ്ടുവന്ന് ആക്കിയ ആ സഭയെ കുറിച്ച് നമ്മൾ വായിച്ചല്ലോ പതിനഞ്ചിൻ്റെ ഏഴാമത്തെ വാക്യം അങ്ങനെ തന്നെ മാനസാന്തരം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊമ്പത് ആടുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ സഭകൾ അങ്ങനെ ആയിരിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ സഭയിലെ ദൈവികമായ ആ നിലയിൽ മാനസാന്തരത്തിന് ഇനി ഒരാവശ്യമില്ലാത്ത നിലയിൽ നീതിമാന്മാരായ ആളുകളായിരിക്കണം മത്സരങ്ങളും ദുർമോഹങ്ങളും പണസ്നേഹവും ഇങ്ങനെ ഇന്ന് ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളൊന്നുമില്ലാതെ ശിഷ്യത്വത്തിൻ്റെ വഴിയിൽ നമ്മുടെ ബന്ധങ്ങളെക്കാൾ നമ്മുടെ സ്വയത്തെക്കാൾ നമ്മുടെ പണത്തേക്കാൾ ഒക്കെ കർത്താവിനെ സ്നേഹിക്കുന്ന ആളുകളായിട്ട് ശിഷ്യത്വത്തിന്റെ വഴിയിൽ പോകുന്ന ഏർ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത ആളുകളെ പോലെ ആയിരിക്കണം നമ്മളവിടെ കണ്ടോ എന്തുകൊണ്ടാണ് ഈ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലെന്ന് പറയുന്നത് കാരണം അവരെന്താ അവർക്ക് ഒരു മാനസാന്തരവും ആവശ്യമില്ലാഞ്ഞിട്ടാണോ അല്ല അവരെപ്പോഴും മാനസാന്തരം ആവശ്യമുള്ളിടത്ത് അവരെ എപ്പോഴും അനുദപിക്കുന്നവരായിരുന്നു അതുകൊണ്ടാണ് പിന്നീട് അവർക്കൊരു മാനസാന്തരം ആവശ്യമില്ലാഞ്ഞത് അല്ലാതെ അവരെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു എന്നല്ല നമ്മൾ അവിടെ കാണേണ്ടത് അവരെന്തായിരുന്നു എപ്പോഴൊക്കെ തെറ്റിൻ്റെ ഒരു നേരിയ ലാഞ്ചന വരുമോ അപ്പോഴൊക്കെ അവരനുദിക്കുന്നവരായിരുന്നു അതുകൊണ്ടാണ് മാനസാന്തരം ആവശ്യമില്ലാത്ത അനുതാപം ആവശ്യമില്ലാത്തവർ എന്നവരെ ദൈവം സർട്ടിഫൈ ചെയ്യുന്നത് പ്രിയപ്പെട്ടവര് നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ പെർഫെക്റ്റ് അല്ല മറിച്ച് എപ്പോഴൊക്കെ തെറ്റിൻ്റെ ചിന്തയിലോ മനോഭാവത്തിലോ ഒരു ലാഞ്ചനം വന്നാൽ നമ്മൾ അനുദപിക്കുന്നവരായിരിക്കണം അങ്ങനെ അനുദപിച്ചാൽ നിരന്തരം അനുതാപത്തിൽ ജീവിച്ചാൽ അങ്ങനെയുള്ളവരെയാണ് ദൈവം ആ സഭയില് ആഗ്രഹിക്കുന്നത് നമ്മളും അങ്ങനെയുള്ളവരായിരിക്കണം അങ്ങനെ ഒരു പണിയെയാണ് പൊന്ന വെള്ളി ഇതുകൊണ്ട് വിലയേറിയ കല്ല് എന്നിവ കൊണ്ടുള്ള ഒരു പണിയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് കോരിന്തർ മൂന്നാം അധ്യായം പന്ത്രണ്ട് പതിനഞ്ചോ വാക്യങ്ങൾ നോക്കുക പലരും വൈക്കോല് കൊണ്ടും പുല്ലുകൊണ്ടും ഒക്കെ വലിയ പണികൾ നടത്തും അങ്ങനെയുള്ള പണികൾ വലുതായിട്ട് തോന്നും എന്നാൽ വിലേറിയ കല്ല് പൊന്ന് ഇതുകൊണ്ടൊക്കെയുള്ള പണി ചെറുതായിരിക്കും കാഴ്ചയിൽ ചെറുതായിരിക്കും പക്ഷെ അതിനായിരിക്കും വില കൂടുതൽ പ്രിയപ്പെട്ടവരെ മനസ്സിലായോ ദയോജന പ്രകാരം ശിഷ്യത്വത്തിൻ്റെ വഴി നിരന്തര അനുതാപത്തിൽ നമ്മൾ ജീവിക്കുക അങ്ങനെ ജീവിക്കുമ്പോൾ വിലയേറിയ കല്ലും പൊന്നും കൊണ്ടുള്ള ഒരു പണിയാണ് നമ്മൾ ചെയ്യുന്നത് അത് നിത്യതയിൽ നിലനിൽക്കും ഒരു മെഗാ ചർച്ച് നമ്മൾ കെട്ടിപ്പടുക്കാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത് അതൊക്കെയും പുല്ലും വൈക്കോലും കൊണ്ടുള്ള വലിയ പണിയായിട്ട് തോന്നും പക്ഷെ തീയിലൂടെ നിത്യതയുടെ തീയിലൂടെ കടന്നു പോകുമ്പോൾ അതൊക്കെ ചാരമായി പോകും നിത്യതയിൽ നിലനിൽക്കുന്ന ഒരു ശിഷ്യത്വത്തിന്റെ വഴിയിൽ നിത്യതയിൽ നിലനിൽക്കുന്ന നിരന്തര അനുതാപത്തിന്റെ വഴിയിൽ നിത്യതയിൽ നിലനിൽക്കുന്ന ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വഴിയിൽ നമുക്ക് സഭകളെ പണിയുക അതാണ് ഒന്നാം നൂറ്റാണ്ടിൽ പൗലോസ നമ്മളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ദൈവീകമായ പ്രവൃത്തി ദൈവീകമായ വഴിയിൽ തന്നെ ചെയ്യാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ വീണ്ടും സമർപ്പിക്കാം ദൈവം നമ്മളെ സഹായിക്കാം